അങ്ങനെ അള്ളാഹുസുബെഹാനഹുവറ്റായാലയുടെ അനുമതിയോടെ അവർ അവരെ പരാജയപ്പെടുത്തി ദാവൂദ് അലഹിസ്സലാം ജാലൂത്തിനെ കൊന്നു അള്ളാഹുസുബഹാനഹൂവറ്റായ അദ്ദേഹത്തിന് രാജത്വവും ജ്ഞാനവും നൽകുകയും താൻ ഉദ്ദേശിച്ചത് അദ്ദേഹത്തെ പഠിപ്പിക്കുകയും ചെയ്തു അള്ളാഹുസുബഹാനഹൂവറ്റായ മനുഷ്യരെ കൊണ്ട് മനുഷ്യരെ തടയുന്നില്ലായിരുന്നുവെങ്കിൽ ഭൂമി നാശപ്പെടുമായിരുന്നു എന്നാൽ അള്ളാഹുസുബഹാനഹൂവറ്റായ ലോകർക്ക് വലിയ അനുഗ്രഹം ചൊരിയുന്നവനാകുന്നു